ഇപ്പോൾ സുഷുത്തിയിലെ അജ്ഞാനം അനാധിഭാവരൂപമാണെന്നുള്ളതിന് അനുഭവമാണ് പ്രമാണം എന്നാണ് അദ്വൈതിയുടെ പക്ഷം ഇപ്പോൾ തർഗീയം പറയുന്നു അതെങ്ങനെ പറയാൻ കഴിയും ഞാനാഭാവവുമാകാമല്ലോ സുഷ്ടയിലെ അനുഭവവും ജ്ഞാനാഭാവത്തെ സംബന്ധിച്ചാണെങ്കിലോ അന്ന് നേരത്തെ പറഞ്ഞു എന്താണ് അഭാവ പ്രതീതയെ ധർമ്മപ്രതിയോഗി ബോധപരാധീനതയാണ് തത് അഭാവേ തസ് അനുഭവിതം അയോഗ്യത്വ പറഞ്ഞ കാര്യമാണ് അഭാവമാണ് അനുഭവ വിഷയമെന്ന് പറയാൻ പറ്റില്ല അഭാവത്തിൻ്റെ പ്രതീതിക്ക് ധർമ്മിയുടെയും അവിടെ ധർമ്മിജ്ഞാനും പ്രതിയോഗിജ്ഞാനുമില്ല അതുകൊണ്ട് തദ്ഭാവെന്ന് പറഞ്ഞാൽ ധർമ്മി പ്രതിയോഗി ബോധാഭാവെ തസ്യഅനുഭവം എന്ന് പറഞ്ഞാൽ തസ്യ അഭാവസ്യ അനുഭവിതും അയോഗ്യത്വമാണ് അപ്പം വീണ്ടും മുമ്പ് ചർച്ച ചെയ്ത വിഷയം തന്നെ വീണ്ടും കൊണ്ടുവരികയാണ് നജ ഭേദ സാദൃശീവാദിപസ്വരൂപേണ അഭാവശ്യാവി നിർവികൽപക ബുദ്ധിബോധ്യത പറഞ്ഞു ഭേദം സാദൃശ്യം തുടങ്ങിയുടെ അനുഭവം ഉണ്ടാകുമ്പോൾ അവയുടെ എല്ലാം നിർവികൽപക ജ്ഞാനത്തെ അംഗീകരിക്കുന്നു അതുപോലെ അഭാവത്തിൻ്റെ നിർവികൽപക ജ്ഞാനം സുശക്തിയിലുണ്ടായി ജാഗ്രതത്തിൽ വരുമ്പോൾ അതിൻ്റെ സവികൽപക അങ്ങനെ സ്വീകരിച്ചാലുണ്ടോ അതും ശരിയല്ലെന്ന് അദ്വൈതി പറയും ഭേദസാദൃശ്യവാ സ്വരൂപേണ അഭാവശ്യാപി നിർവികൽപക ബുദ്ധിബോധ്യത അതിൽ വരുന്ന ഒരു പ്രധാന ദോഷം തഥാത്വീ സാദൃശ്യാധിപദേവഭാവത്വാപത്തെ അപ്പൊ സാദൃശ്യത്തിൻ്റെ അനുഭവം പോലെ അവിടെ നിർവികൽപ്പക ജ്ഞാനം ഉണ്ടായി എന്ന് പറയണമെങ്കിൽ അവിടുത്തെ അഭാവവും ഭാവമാണെന്ന് സ്വീകരിക്കേണ്ടത് എന്തുകൊണ്ട് സാദൃശ്യം ഭാവമല്ലേ സാദൃശ്യത്തിൻ്റെ നിർവികൽപ്പക ജ്ഞാനം ഉണ്ടായി അതുപോലെ സുഹൃത്തിൽ അഭാവത്തിൻ്റെയും നിർവികൽപ്പകജ്ഞാനം ഉണ്ടായി എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ സാദൃശ്യം എങ്ങനെയാണോ ഭാവവും അതുപോലെ അഭാവവും ഭാവവും സ്വീകരിക്കേണ്ടി എന്തിനെ ഭാവമായി സ്വീകരിക്കണം അതിനാണ് അടുത്ത വ്യക്തി പറയുന്നത് നിർവികൽപ്പക ബുദ്ധിബോധ്യവും ഭാവരീതി പരയിർ ലക്ഷണ ർക്കിയന്മാർ തന്നെ പറയുന്നു നിർവികൽപകമായ ബുദ്ധിക്ക് വിഷയമായാൽ അത് ഭാവമായിരിക്കും എന്നാണ് ഏതാണോ നിർവികൽപകമായ ബുദ്ധിക്ക് വിഷയമാകുന്നത് ഭാവമായിരിക്കും എന്ന് വെച്ചാൽ അഭാവം ഒരിക്കലും നിർവികൽപ്പക ബുദ്ധിക്ക് വിഷയം അകത്തില്ല അപ്പോൾ സുഷൃസ്ഥിയിൽ അജ്ഞാനം നിർവികൽപ്പക ബുദ്ധിക്ക് വിഷയമായി എന്ന് വന്നു സുഹൃത്തിയിൽ അജ്ഞാനം ഭാവമാകും നിർവികൽപക ബുദ്ധി ബോധ്യോ ഭാവിധി പരിഹങ്ക അപ്പോ ചുരുക്കത്തിൽ എന്താ അദ്വൈതി പറയുന്നത് സുഹൃത്തിയിൽ അജ്ഞാനത്തിന്റെ അനുഭവം ഉണ്ടായി അജ്ഞാനം എന്ന് പറയുന്ന ഭാവരൂപമാണ് ജാഗ്രതത്തിൽ അതിനെ സ്മരിക്കുന്നു ഇതാണ് കാർഗ്യം പറയുന്ന സുഹൃത്തിയിൽ അജ്ഞാനത്തിന്റെ അനുഭവം ഉണ്ടായി പക്ഷേ അത് അഭാവമാണ് അതുകൊണ്ടാണ് നമ്മുടെ വ്യത്യാസം ഈ രണ്ടുപേർ പറയുന്നതിലും നേരത്തെ തോമസിന്റെ കാര്യം പറഞ്ഞതുപോലെ എന്ന ദോഷം എന്താണ് എന്താണ് ദോഷം ഉം എങ്ങനെ കേട്ടില്ല ഒന്നുകൂടി ഉറക്ക ഉറക്ക പറഞ്ഞ് അതും പോയി രണ്ടു കൂട്ടരും പറയുന്ന എന്താണ് അദ്വൈതിയും പറയുന്നത് എന്താണ് തർക്കിയനും പറയുന്നു സുഷുപ്തിയിൽ ജ്ഞാനം ഉണ്ടായെന്നാണ് അംഗീകരിച്ചാലേ രണ്ടുപക്ഷം സ്വീകരിക്കാൻ പറ്റും ഏത് സുഷുപ്തിയിൽ ഒരാൾ പറയുന്നു ജ്ഞാനമുണ്ടായ എന്റെ വിഷയം ഭാവമാണ് വേറൊരാള് പറയുന്നു സുഷുപ്തിയിൽ ജ്ഞാനമുണ്ടായ വിഷയം അഭാവം സുഷുപ്തിയിൽ ജ്ഞാനമുണ്ടായിന്ന് പറഞ്ഞാൽ എന്തായി ഏ സുതി ഞാനുണ്ടായ സുഹൃത്തിയല്ല സ്വപ്നമോ ജാഗ്രതമാകാം അതാണ് ഈ രണ്ടുപക്ഷത്തിലും ചേരാൻ പറ്റില്ല എന്ന് പറയും രണ്ടുപക്ഷ സ്വീകരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് ഇനി സുഷുതിയിൽ ജ്ഞാനമുണ്ടായി അതിൻ്റെ സ്മരണയാണ് ജാഗ്രതയിലുണ്ടാകുന്നതെന്നാണ് അദ്വൈതി പറയുന്നത് അനുഭവം ഉണ്ടായാൽ സ്മരിക്കാം അതിൻ്റെ സ്ഥാനത്ത് താർക്കീൻ എന്താ പറയുന്നത് പറയുന്നത് മായും സുഷുക്തികാലീന അനുഭവജ പരാമർശം ഉദാനീമേവ സൗഷക്തിക ഞാനാഭാവ അനുമാനം താർക്കീൻ്റെ അഭിപ്രായം അനുഭവജ പരാമർശം എന്ന് പറഞ്ഞാൽ അനുഭവത്തിൽ നിന്ന് ജന്യമായ പരാമർശം സ്മൃതിയാണ് ജാഗ്രത്തിൽ ഗാഠം മൂഢഹോ മാസം എന്നെല്ലാം പറയുന്നത് എന്താണ് സ്മൃതിയാണ് ത്വർഗ്യം പറയുന്നതല്ല ഇത് അനുമാനമാണ് ഉള്ളതിന് ശേഷം സുരുതിയിലെ ജ്ഞാന അഭാവത്തിൻ്റെ അനുഭവത്തെ അനുമാനിക്കുന്നു എന്നാണ് ഇതാണ് ത്വർഗീം പറയുന്നത് രണ്ടിലും ബസമുണ്ട് എന്തുകൊണ്ട് അതല്ല ഏ ആ രണ്ടു കൂട്ടരും പറയുന്നതനുസരിച്ചാണെങ്കിൽ സുഹൃത്തിയിൽ ഒരു അനുഭവം ഉണ്ടായി അനുഭവത്തിന്റെ വിഷയത്തിന്റെ കാര്യത്തിലാണ് പറയുന്നത് ഒന്ന് ഭാവമാണെന്നും ഒരാൾ പറയുന്നത് ഭാവമാണെന്നും ജാഗ്രതയിലനുമാനിക്കുന്നു മറ്റാൾ പറയുന്ന അഭാവമാണെന്ന് അനുമാനിക്കുന്നു രണ്ടു കൂട്ടരും എന്തീകരിക്കുന്നു സുഴുത്തിയിലെ അനുഭവത്തെ അംഗീകരിക്കുന്നു ഞാനും ഏ ആ സുഴുത്തിയിൽ ഞാനും ഉണ്ടെന്ന് അംഗീകരിക്കേണ്ടി വരും ഒന്ന് അനുഭവമില്ല ഞാനും ഇല്ല കർക്കിയും സുഹൃത്തിയിൽ ജ്ഞാനാഭാവത്തെ അറിഞ്ഞു അനുഭവിച്ചു എന്നാണ് ജ്ഞാനമായി അനുഭവം ഞാനും ഒന്നും അങ്ങനെ വന്നുകഴിഞ്ഞാൽ ശരിയാവും അദ്വൈരിയും പറയുന്ന എന്താണ് സുഹൃത്തിയിൽ അജ്ഞാനത്തെ അനുഭവിച്ചു അദ്വൈതിക്ക് ശരിയാകും അജ്ഞാനത്തിൻ്റെ അനുഭവം ഇത് എന്ന് താർക്കിയും പറയുന്നു എന്താണ് അനുഭവ അല്ലെന്ന് താർക്കിയും പറയും ഏ അനുഭവ പരാമർശം അനുഭവത്തിൽ നിന്ന് ജന്യമായ പരാമർശം അല്ല എന്നാര പറയുന്നു താർക്കിയം പിന്നെ എന്താണെന്നാണ് അടുത്ത് പറയുന്നത് എന്താണ് ഹിന്ദു ഉത്ഥിതസ് ഇതാനിയമേവ സൗഷുപ്തിക ജ്ഞാനാഭാവ അനുമാനം എന്ന് പറയുന്നു ഉണർന്നവൻ എന്ത് ചെയ്യുന്നു സുഷൃത്തിയിലുണ്ടായിരുന്ന ജ്ഞാനത്തിന്റെ അഭാവത്തെ ഇപ്പൊ അനുമാനിക്കുന്നു സുഷൃത്തിയിൽ ജ്ഞാനമേ ഉണ്ടായില്ലേ അപ്പോ നേരത്തെ എന്താ പറഞ്ഞത് കിഞ്ച കിഞ്ചിത് അവേദമിതി പരാമർശിദ്ധ സൗഷ്ടിക അനുഭവം എത്ര കുറവാണ് എന്നിട്ട് ഞാനാഭാവ വിഷയോ അയം അനുഭവ നേരത്തെ പറഞ്ഞു ഏ അത് തന്നെ ജ്ഞാനാഭാവിഷയമായ അനുഭവം എന്നാൽ അത് ഇത് ആ അല്ലെന്ന് പറയുന്നു അങ്ങനെ നേരത്തെ താർക്കേം പറയുകയാണെങ്കിൽ എന്താണ് സുഹൃത്തിയിൽ ഉണ്ടായത് ജ്ഞാനാഭാവവിഷയമായ അനുഭവമാണെന്ന് പറയുകയാണെങ്കിൽ അത് ശരിയാകത്തില്ല അങ്ങനെ ഉണ്ടായെന്ന് പറയേണ്ടി വരും അപ്പോഴാണ് ഇപ്പം താർക്കേം പറയുന്നത് എന്താണ് ഞങ്ങൾ അങ്ങനെയും പറയുന്നില്ല മനസ്സിലായോ സുഹൃത്തിയിൽ കാരണം താർക്കിക സിദ്ധാന്തമനുസരിച്ച് സുഹൃത്തിയിൽ ഞാനും ജ്ഞാന അഭാവ വിഷയമായ അനുഭവം ഉണ്ടായെന്ന് ഞങ്ങൾ പറയുന്നു പിന്നെയോ അവിടെ ജ്ഞാനം ഇല്ല ഏ ജ്ഞാനുമില്ല അനുഭവമില്ല ഒന്നുമില്ല അവിടെ ആത്മാവ് മാത്രമേ ഉള്ളൂ സുഷൃക്തി കേവലം ജ്ഞാനാഭാവം പക്ഷെ തർക്കം പറയുമ്പോൾ അത് പറയും എന്താണ് ജ്ഞാനം ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ജ്ഞാനാഭാവം ാണ് ആ വ്യത്യാസം ഏ അത് അനുമാനത്തിലൂടെ അറിയും ജ്ഞാനത്തിന്റെ അഭാവം അവിടെ ഉണ്ടായിരുന്നു എന്ന് ജാഗ്രത്തിൽ അനുമാനത്തിലൂടെ അറിയാം നേരത്തെ പറഞ്ഞതല്ല ഞങ്ങളുടെ അഭിപ്രായം അദ്വൈതി നിഷേധിച്ചതല്ല അദ്വൈതി പറഞ്ഞത് ജ്ഞാന അഭാവത്തിന്റെ അനുഭവം നിഷേധിക്കുകയാണ് അത് പറയുന്നു പറയുന്നു നായൻ സുർത്തികാണീന അനുഭവ പരാമർശ കിന്തുതസ്സി ഇതാനമേവ സൗഷപ്തിക അനുമാനം ശ്രുതിയിലുള്ള ജ്ഞാനാഭാവത്തിന്റെ അനുമാനം ഇതും പറയാൻ പറ്റില്ല അത് ഇനി ഞാനും നിഷേധിക്കുന്നു ഉണർന്നിരത്തിട്ട് അവിടെ ജ്ഞാനാഭാവം ഉണ്ടായിരുന്നു എന്ന് അനുമാനിക്കുന്നു പറഞ്ഞാൽ ശരിയാണ് എന്തുകൊണ്ട് നേരത്തെ ചർച്ച ചെയ്തതാണ് തത് അനുമാപകലിംഗഅ അസിദ്ധേഹി നിങ്ങൾ എന്ത് ഹേതു ഉപയോഗിച്ചിട്ടാണ് അവിടെ ജ്ഞാനാഭാവത്തെ അനുമാനിക്കുന്നത് എന്നാണ് ഹേതു വേണ്ടേ പണഞ്ഞിരിക്കുമ്പോൾ ഒരു ഹേതു വേണം ജ്ഞാനാഭാവം ഇല്ല എന്നുള്ള ജ്ഞാനത്തിൻ്റെ അഭാവം ഉണ്ടെന്നുള്ളു ജ്ഞാനം ഇല്ലെന്നുള്ള സാമഗ്രി അഭാവവും ിംഗം പറയുന്നു എന്തെന്ന് ആത്മാനഭാവാൻ സാമഗ്രി അഭാവാ അങ്ങനെ അനുമാനിക്കും സാമഗ്രിയഭാവോ ലിംഗം സുഷ്ടികാലീന ആത്മാന ഭാവാൻ അറിയുമ്പോൾ പറയും സാമഗ്രി അഭാവാ എന്നെയോ തന്നെയോ യഥ എന്ന് പറയാനല്ലോ കേവലം എതിരേക്ക് പറയാനും സാമഗ്രഭാവോ ലിംഗം പറയുന്നു തസ്യാപ്യസിദ്ധ ചെയ്ത് മുമ്പ് ചർച്ച ചെയ്താണ് അതിനെന്താ സാമഗ്രഭാവം എന്നുള്ളതിനെന്താ ലിംഗം മുമ്പ് ചർച്ച ചെയ്താണ് സാമഗ്രഭാവത്തിനും ഹേതു ൂന്ന് അമ്പത്തിമൂന്ന് അമ്പത്തിനാല് എന്താ വിരളിനെ സംബന്ധിച്ച് ഇത് തൊട്ട് മുമ്പിൽ അത് നമ്മൾ പറഞ്ഞു ഭൗത്വം ധർമ്മിസിദ്ധി തഥാപിത ജ്ഞാനാഭാവാനുമാനേ ലിംഗമസ് ജ്ഞാനാഭാവാനുമാനത്തിന് ലിംഗമൊന്നും പറയാൻ പറ്റില്ല അസ്മര്യമാണ് ത്വസ്യ നിയമേന അസ്മര്യമാണ് ത്വസിജ പതികച്ച തത്ര സ്പർശാദോ നൃവികൾക്ക് അനുഭൂതേജ അനേക അനേകാന്തികത്വാതി ജ്ഞാനസാമഗ്രി വൈകല്യ ലക്ഷണലിംഗ ജ്ഞാനാഭാവന അവിടെ പറഞ്ഞു വേറെ ഒന്നുമില്ല ജ്ഞാനസാമഗ്രി ഇല്ലെങ്കിൽ തദേവ തസിദ്ധം തസ്സിദ്ധേരുപയോഗാദി സിദ്ധത്വമാണ് ആണ് ഇവിടെ ശ്രദ്ധിക്കണം അദ്വേരി ചാടുന്ന ചാട്ടം ഇവിടെ പറഞ്ഞു ജ്ഞാനസാമഗ്രിയില്ല കാണാത്തവർ തൊണ്ണൂറ്റിനാലാമത്തെ പേജ് ചെല്ലുകടും തപ്പിയ ഞാൻ സാമഗ്രിയില്ല എന്ന് പറഞ്ഞു ഞാൻ സാമഗ്രിയില്ല എന്ന് അങ്ങനെ ശ്രദ്ധിക്കും അതിന് പറഞ്ഞു താർക്കിയും പറഞ്ഞത് ഉഭയപാധി സിദ്ധമാണ് ഞാൻ സാമഗ്രിയില്ല എന്നുള്ള കാര്യം രണ്ടുപേരും സ്വീകരിക്കും കാരണം ഞാൻ ആഭാവത്തെ രണ്ടുപേർക്ക് സ്വീകരിക്കേണ്ടി വരും സുഹൃത്തിയിൽ ജ്ഞാനാഭാവത്തെ രണ്ടുകൂട്ടർക്ക് സ്വീകരിക്കേണ്ടി വരും അപ്പോൾ ഉഭയവാദി ശബ്ദമാണ് നിങ്ങളെങ്ങനെ ശ്രദ്ധിക്കും ജ്ഞാനാഭാവത്തെ ആ സുഹൃത്തിയിൽ ജ്ഞാനാഭാവത്തെ എന്തിനു ശ്രദ്ധിക്കണം സുഹൃത്തിയിൽ ഘടപ്പെടാതി ഞാനുമില്ല അദ്വൈദീസ് അംഗീകരിക്കേണ്ടി വരും ആ ജ്ഞാനാഭാവത്തെ എങ്ങനെ ശ്രദ്ധിക്കും അവിടെ ഘടകം ഇല്ല പടം ഞാനും ഇല്ലെന്ന് അപ്പോൾ പറയേണ്ടി വരും എന്താണ് സാമഗ്രിയ ഭാവം ു അതാണ് അടുത്ത് പറയുന്നത് അന്യഥ വേദാന്തനാമഭി സുഷുക്തികാലി ഘട്ടപ്പെട്ടാതി വിശേഷജ്ഞാന അഭാവാനമാനം നസ്യ ഇനി അദ്വൈതി എന്തുകാരി പറയും സാക്ഷിഭാസി അതിനടുത്ത് പറയുന്നു ജ്ഞാനാഭാവസ്യ നിർവികൽപ്പത സാക്ഷി വേദ്യത അനംഗീകാര നെടുവിളുപ്പ സാക്ഷി വേദ്യം ഇപ്പോൾ പറഞ്ഞല്ലോ നിരുവിറുപ്പ ജ്ഞാനവേദ്യം ഭാവമായിരിക്കും അപ്പം അഭാവത്തെ അങ്ങനെ സ്വീകരിക്കാൻ പറ്റത്തില്ല അഭാവത്തെ അപ്പോ ഘടാനമില്ല എന്നുള്ളതിന് അനുമാനം നടത്തണം എന്ത് ഹേതുപയോഗിച്ചനുമാനം നടത്തണം സമഗ്രഭവ ഘടജ്ഞാനം ഇല്ല ഘടജ്ഞാനാഭാവം സമഗ്രഭവ ഇവിടെയാണ് പെട്ടെന്ന് അദ്വൈതി അദ്വൈതിയുടെ ഒരു വിദ്യ പ്രയോഗിച്ചത് വെച്ചാൽ അവസ്ഥാഭേദ സമ്പന്ന ഭാവരൂപ ജ്ഞാന പരാമർശ സാമർത്ഥ്യാൽ സാമ്പർത്യസിദ്ധ തദ്ഭവാദേവ തദ്വിരോധനോ ജ്ഞാനാഭാവ അനുമാനം ജനസ്യഭാവാനുമാനം ഇവിടെയാണ് അദ്വൈതിയുടെ ഒരു ടെക്നിക്ക് പ്രയോഗിച്ചിരിക്കുന്നത് അദ്വൈതി പറഞ്ഞു അവസ്ഥാഭേദസമ്പിന്നം അവസ്ഥാഭേദവിശിഷ്ടം നിജ സുഷുത്യവസ്ഥയിലുള്ള ഭാവരൂപജ്ഞാന പരാമർശ ഭാവരൂപാജ്ഞാനത്തെ ജാഗ്രതയിൽ സ്മരിക്കുന്നു അതുകൊണ്ട് തത്സിദ്ധ അനുഭവാദേവ അങ്ങനെയുള്ള അനുഭവം കൊണ്ട് നിജ സുഷ്തിയിൽ അജ്ഞാനം ഉണ്ടെന്നുള്ള അനുഭവം അതുകൊണ്ട് തദ്വിരോധിനോ ആ അജ്ഞാനത്തിന് വിരോധിയായിരിക്കുന്ന ജ്ഞാനസ്യഭാവാനുമാനം ഘടകത്തിൻ്റെ അഭാവത്തെ അനുമാനിക്കും വളഞ്ഞ വഴി മനസ്സിലായേ അല്ലല്ല ജാഗ്രതയിലുള്ള പരാമർശം കൊണ്ട് സുഹൃത്തിയിൽ ഭാവരൂപാജ്ഞാനത്തെ ശ്രദ്ധിച്ചു സുഹൃത്തിയിൽ ഭാവരൂപാജ്ഞാനം ഉള്ളതുകൊണ്ട് സുഹൃത്തികാലീനാത്മാ ോധി ഭാവാജ്ഞാന സത്വാ ഭാവാജ്ഞാന ജ്ഞാനത്തിന് വിരോധിയാണ് എന്ന് അനുമാനിക്കും എന്നാര് പറയുന്നു അദ്വൈതി ഇതിന് താർക്കിൻ എന്തും മറുപടി പറഞ്ഞു എന്ന് ശ്രദ്ധിക്കണം താർക്കീൻ എന്താ പറഞ്ഞത് ഭാവരൂപ അജ്ഞാനസ് തത് പരാമർശിച്ച പരമ്പ്ര അധ്യാപ്യ സിദ്ധത്വം നിങ്ങൾ പറയുന്നത് ഭാവരൂപ അജ്ഞാനത്തിന്റെ പരാമർശം കൊണ്ട് സിദ്ധമായ ഭാവരൂപമായ അജ്ഞാനത്തെ ഉപയോഗിച്ച് സുഹൃത്തിയിൽ ജ്ഞാനത്തിന്റെ അഭാവത്തെ അനുമാനിക്കുന്നു നിങ്ങളീ പറയുന്ന ഭാവരൂപ അജ്ഞാനവും പരാമർശിച്ചൊന്നും ഇതുവരെ സിദ്ധിച്ചില്ലല്ലോ സിദ്ധിച്ചോ അതിനെക്കുറിച്ചുള്ള ചർച്ച നടത്തി നടത്തി വന്നപ്പോഴാണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഭാവരൂപ അജ്ഞാനത്തെ സിദ്ധിച്ചതുപോലെയാണ് എന്നുവെച്ചാൽ തർക്കേനെ അംഗീകരിച്ചതുപോലെയാണ് ഇവിടെ അദ്വൈതി പറയുന്നത് എന്താണ് ഭാവരൂപ അജ്ഞാനത്തിൻ്റെ പരാമർശം കൊണ്ട് സുപ്തിയിൽ ഭാവരൂപമായ അജ്ഞാനം സിദ്ധിച്ചു ആ ജ്ഞാനം ജ്ഞാനത്തിന് വിരോധിയാണ് അതുകൊണ്ട് അവിടെ ജ്ഞാനത്തിൻ്റെ അഭാവം ആ അജ്ഞാനത്തിനെ കൊണ്ട് സിദ്ധിക്കുന്നു ജോയിൽ നിന്ന് ഇതുവരെ നമ്മളെന്താ സംസാരിച്ചുണ്ട് ഭാവൂര് പോകുന്നു സിദ്ധിക്കാതെ നിങ്ങളിപ്പോൾ എന്താ ഈ ചാടിക്കേരി പറയുന്നത് ഞങ്ങൾ സമ്മതിക്കതുപോലെ ഇതിനെന്താ പറയുന്നത് തരികിട അദ്ദേഹം അവസാനം ഒരു തരികിട പ്രയോഗിച്ചപ്പം ഏതല്ല പരമ്പ്ര അധ്യാപ്യ അസിദ്ധത്വം ആകും അതായത് പൂർവപക്ഷി ഒരു കാര്യത്തെ സമ്മതിച്ചു കൊടുത്തില്ലെങ്കിലും അവർ സമ്മതിച്ചതായി കണക്കാക്കിക്കൊണ്ട് ഒരു മറുപടി പറഞ്ഞ് അവരെ വായടപ്പിക്കുക അതിൻ്റെ ഞങ്ങൾ സമ്മതിച്ചില്ലല്ലോ ഭാവരൂപാജ്ഞാനം പരാമർശത്തിലൂടെ ശ്രദ്ധിക്കുക എന്നുള്ളത് ഞങ്ങൾ ശ്രദ്ധി സമ്മതിച്ചില്ല നിങ്ങൾക്ക് കഴിഞ്ഞില്ല ഇതുവരെ സമ്മർദ്ദിക്കാൻ കഴിയാതെ അതിനെ ഉപയോഗിച്ച് അവിടെ ജ്ഞാനത്തിന്റെ അഭാവത്തെ ശ്രദ്ധിച്ച് കളയൂ എന്ന് പറയുന്നത് എന്തടിസ്ഥാണ് ഇവിടെ ഇനി നോക്കുക ഇത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞല്ലോ പറയുന്നു ഇവിടെ വീണ്ടും പോയത് സാമഗ്രി അഭാവം സൂഹൃതിയിൽ എന്തുകൊണ്ട് ജ്ഞാനമില്ല അല്ലെങ്കിൽ ജ്ഞാനാഭാവമുണ്ട് സാമഗ്രി ഇല്ലാത്തതുകൊണ്ട് ജ്ഞാനമില്ലാത്തതുകൊണ്ട് ജ്ഞാനാഭാവമുണ്ട് എന്ന് താർക്കിയേനു വേണമെങ്കിൽ പറയാം പക്ഷെ പറയുന്നു ഉന്നച സാമഗ്രഭാവോ ലിംഗം അദ്വരീതമെന്ന് അത് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് തസ്യാപ്യസിദ്ധ അതിനെന്താ പ്രമാണം സാമഗ്രി ഇല്ലാന്നുള്ളതിലെന്താ പ്രമാണോ സുഴ്ത്തിയിലെ കാര്യമാണ് ഇവിടെ ഇരുന്നു കൊണ്ട് സുഴ്ത്തിയിലൊക്കെ കാര്യമാണ് അനുമാനത്തിലൂടെ ശ്രദ്ധിക്കുന്നത് വ്യാഗ്രത്തിലുള്ള കാര്യമാണെങ്കിൽ ശരി സുഹൃത്തിയിൽ എന്താണ് ജ്ഞാനാഭാവം ഉണ്ട് സാമഗ്രി അഭാവം ഉണ്ട് രണ്ട് സുഹൃത്തിയിൽ വേണം മനസ്സിലായോ സുഹൃത്തിയിൽ ജ്ഞാനത്തിൻ്റെ അഭാവം വേണം സുഹൃത്തിയിൽ സാമഗ്രിയുടെ അഭാവം വേണം സാമഗ്രി അഭാവം എങ്ങനെ സിദ്ധിക്കും അപ്പോൾ പറയുന്നു താർക്കിങ്ങേറെ പെണ്ണെന്ന് ജ്ഞാനാഭാവം കൊണ്ട് സിദ്ധിക്കും സുഹൃത്തിയിൽ ജ്ഞാനമുണ്ടോ ഇല്ല എന്തുകൊണ്ട് സാമഗ്രി ഇല്ലാത്ത സാമഗ്രിയുടെ അഭാവം ഉണ്ടോ ഉണ്ട് എന്തുകൊണ്ട് ജ്ഞാനം ഇല്ലാത്ത അതുണ്ട് ഏ എങ്ങനെ ശരിയോ അപ്പോ എന്താ ജ്ഞാനാഭാവത്തിന് ഏതും എന്ത് പറഞ്ഞു സാമഗ്രി അഭാവം സാമഗ്രി അഭാവത്തിന് പറഞ്ഞു എന്താ ദോഷം ഇത് താർക്കിയൻ ഇങ്ങനെ ഉള്ള മണ്ടത്തരം പറയില്ല അത് ഈ താർക്കിയുടെ മേളിൽ വെച്ച് കെട്ടിക്കൊടുക്കുകയാണ് തോൽപ്പിക്കാൻ വേണ്ടി എവിടെയെങ്കിലും തോൽപ്പിക്കണമുണ്ടോ അതുകൊണ്ട് ഒന്ന് തോറ്റുകെട്ടണം അതിനുവേണ്ടി പറയുന്നത് എന്നുവെച്ചാൽ ജ്ഞാനാഭാവേനെ തസ്യാനുമാനം ജ്ഞാനാഭാവം കൊണ്ട് സാമഗ്രിയഭാവം എന്ന് പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ട് അന്യന്യാസരേ താപത്തെ അന്യോന്യാസര ഇത്രയും ബോധം താർക്കിയേ ഈ ലോകം മുഴുവൻ നടന്ന് ഇത്രയും ഭയങ്കര തർക്കം നടത്തുന്നതാണ് ഇതറിയത്തില്ലേ അന്യോന്യാസരം വരും ഏ അല്ല അതും അത് പറയാൻ പറ്റുള്ളൂ ഭാവരൂപാജ്ഞാനം അദ്വൈതി പറയുന്ന അനാദി എന്നാണ് ജന്യമല്ല അത് ജന്യമായ ഒന്നിനെ സാമഗ്രിയുടെ അഭി പറയുന്ന വേറെ അത് പറയുന്നു സാമഗ്രിയ ഭാവ ജ്ഞാനാഭാവ അനുമാനം തദഭാവ സാമഗ്രിയ ഭാവ അനുമാനം ഇതി അന്യോന്യാശ്രയം എന്നുവെച്ചാൽ സാമഗ്രിയഭാവം കൊണ്ട് ജ്ഞാനാഭാവം ജ്ഞാനാഭാവം കൊണ്ട് സാമഗ്രിയഭാവം ഇങ്ങനെ അന്യോന്യാശ്രയം പറയും വീണ്ടും പഴയ പ്രശ്നത്തിലേക്ക് വരും അപ്പത്താർക്കേം ചോദിക്കുകയാണ് ശരി നിങ്ങൾ ഞങ്ങളെ പരമാവധി അധിക്ഷേപിക്കാമെന്നുള്ളതെല്ലാം അധിക്ഷേപിച്ചു സഹിച്ചു ഇല്ലേ അന്യോന്യാശ്രീ ദോഷമുണ്ടെന്നൊക്കെ അവരുടെ മേളിൽ ആരോപിച്ചത് ചോദിക്കുന്നു എന്നാൽ ചെയ്യും സതി വേദാന്തിനാമഭി ഞാനാഭാവാനുമാന വേദാന്തിയോട് ചോദിക്കുകയാണ് സുഹൃത്തിയിൽ ഘടഞ്ഞാനമുണ്ടായോ സുഴുത്തിയിൽ ഘടഞ്ഞാനം അഭാവമുണ്ടല്ലോ അത് നിങ്ങളെങ്ങനെ അനുമാനിക്കും നിങ്ങളെങ്ങനെ സമൃദ്ധിക്കും അതിൻ്റെ പരാമർശം പറയാൻ പറ്റില്ല സുഹൃത്തിയിൽ ഭാവരൂപ അജ്ഞാനത്തിൻ്റെ പരാമർശം പറഞ്ഞു ഘടജ്ഞാനാഭാവത്തിൻ്റെ പരാമർശം ഉണ്ടാവും എന്നേറ്റിട്ട് പറയോ ഘടജ്ഞാനാഭാവം സ്മരാമി എന്നാരെങ്കിലും പറയോ അപ്പോ അങ്ങനെയാണെങ്കിൽ എന്ന ചെയ്യ സ്വതി വേദാന്തിനാമപി ജ്ഞാനാഭാവ അനുമാന അസംഭവ ജ്ഞാനാഭാവ അനുമാനം അസംഭവമായി തീരും ഇവിടെയാണ് അദ്വൈതിയുടെ എന്താണ് കർണം മറച്ച് എന്തു പറയുന്നു അവസ്ഥാഭേദ സമ്പിന്ന ഭാവരൂപ അജ്ഞാന സംവാദനേദൈവ സൃഷ്ട്യവസ്ഥയം തദ്വിരുദ്ധസ് ജ്ഞാനസ് സാമഗ്രിക അഭാവ അനുമാനമാകുന്നു അദ്വൈതി പറയുന്നു അത് നിസ്സാരമാണ് സുഴുത്തിയിൽ ജ്ഞാനാഭാവം ഉണ്ടെന്നോ ഘടാനത്തിന്റെ അഭാവമുണ്ടെന്നോ ഘടനത്തിന്റെ അഭാവത്തിൻ്റെ സാമഗ്രി ഘടജാനത്തിന്റെ സാമഗ്രി ഇല്ലെന്നോ ഘടനത്തിന്റെ അഭാവമുണ്ട് അതിന് ഞങ്ങളുടെ ഹേതുകൊണ്ട് ഇനി ഘടജ്ഞാനത്തിൻ്റെ സാമഗ്രിയില്ല അതുകൊണ്ട് അവിടെ അഭാവമുണ്ടെന്നുള്ളതിനൊക്കെ ഞങ്ങളുടെ ഹേതുകൊണ്ട് എന്താണ് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് സുഹൃത്തിയിൽ ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തിൻ്റെ അനുഭവമുണ്ട് അത് അവിടെയുള്ള ജ്ഞാനത്തിനെല്ലാം വിരോധിയാണ് അതുകൊണ്ട് അതിനെ ഞങ്ങൾ ഹേതുവാക്കിക്കൊണ്ട് അനുമാനം നടത്തും നിങ്ങൾ ഇപ്പൊ അംഗീകരിച്ചില്ലെങ്കിൽ എന്താ ഞങ്ങളെന്താണോ അവസാനം വന്നാൽ എന്താണ് വെട്ടുന്ന പോത്തിന് വേദം മോതുവാൻ മുട്ടൻ തടി ഓങ്ങി അടിക്കുന്നു അദ്ദേഹത്തിനോട് പറഞ്ഞാൽ അദ്വൈതി താർക്കികോട് പരമാവധി പറഞ്ഞു നോക്കി അവിടെ ഒരു ഭാവരൂപ അജ്ഞാനം ഉണ്ടെന്ന് അവര് സമ്മതിക്കുന്നില്ല ഞങ്ങളിനി സമ്മതിക്കുന്നുണ്ടെങ്കിൽ വേണ്ട അവിടെ ഉണ്ട് അത്ര തന്നെ എന്നാ ഇപ്പം പറയുന്നു സുഹൃത്തിയിലെ അനുഭവത്തിൻ്റെ സുഹൃത്തിയിൽ ഞങ്ങൾ ഭാവരൂപമായ അനാദി അജ്ഞാനത്തെ അനുഭവിക്കുന്നു ജാഗ്രത എൻ്റെ പരാമർശം കൊണ്ടാണ് ഞങ്ങൾക്കത് മനസ്സിലായത് അങ്ങനെ ഒരു സുഹൃത്തിയിലെ അജ്ഞാനം ജ്ഞാനത്തിന് വിരോധിയാണ് അതുകൊണ്ട് അവിടെ ഞാനില്ല എങ്ങനെ അല്ല അത് പറയു എന്താണ് സുഷുതിയില് ഉണ്ടായ ഭാവരൂപമായ അജ്ഞാനം അവിടെ ഉള്ളതുകൊണ്ട് അതിന്റെ വിരോധിയായ ഞാനവിടെ ഉണ്ടാകുന്നില്ല അതാണ് അതുകൂടെ പറഞ്ഞെന്താണ് ജ്ഞാനത്തിൻ്റെ സാമഗ്രികളും അവിടെ ഇല്ല ജാഗ്രതങ്ങനെയല്ല ജാഗ്രത ജ്ഞാനത്തിൻ്റെ അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഭാവരൂപജ്ഞാനം ആ ജ്ഞാനത്തിന് പ്രതിബന്ധകമാണ് പ്രതിബന്ധകമായി കഴിഞ്ഞാൽ ഞാനൊന്ന് നിശ്ചയവും അത് ജാഗ്രതത്തിൽ സംഭവിക്കും എപ്പോൾ പ്രതിബന്ധകമാകുന്നു അപ്പോൾ എന്ത് വരും ജ്ഞാനത്തിൻ്റെ അഭാവം വരും ഇവിടെ രണ്ട് സംഭവിക്കുന്നു ഇത്രയും പറയാമെങ്കിൽ അതുകൂടെ പറഞ്ഞൂടെ അപ്പൊ നേരത്തെ ഈ കാര്യം പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു താർക്കേം ചോദിച്ചു ഇതുവരെ അത് ശ്രദ്ധിച്ചില്ലല്ലോ ഭാവരൂപ ഒരാജ്ഞാനം എന്ന് പറയുന്നത് പരാമർശത്തിലൂടെ ശ്രദ്ധിച്ചില്ലല്ലോ അതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റിയില്ലല്ലോ അപ്പോ പറയുന്നു അതിപ്പോ അദ്വൈത് അംഗീകരിക്കുന്നത് എന്തുകൊണ്ട് സുഷുതിയില് അനുഭവത്തിൻ്റെ പരാമർശം ഇവിടെ ഉണ്ടായി അത് അഭാവത്തിൻ്റെ അനുഭവമാണെന്നും അവിടെ ഉണ്ടായിരുന്നു താർക്കീനെ സമർത്ഥിക്കാൻ പറ്റിയില്ല പിന്നെ താർക്കിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവിടെ ജ്ഞാനമേ ഇല്ല തർക്കിയും പറയും നമ്മുടെ ജ്ഞാനമേ ഉണ്ടായിട്ടില്ലെന്നാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് സുഴുത്തിയിൽ ഭാവരൂപ അജ്ഞാനത്തിൻ്റെ അനുഭവം ഉണ്ടായെന്നാണ് അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റിയില്ല നിങ്ങളെങ്ങനെ തന്നെ നിഷേധിക്കും നിഷേധിക്കാൻ എന്തെങ്കിലും പറഞ്ഞോ തർക്കി ഇത്രയേ പറഞ്ഞുള്ളൂ നിങ്ങൾക്കുണ്ടായ അനുഭവം അത് എന്തുകൊണ്ട് അഭാവമായി കൂടാ എന്നാണ് അപ്പോൾ അപ്പോൾ പറഞ്ഞത് അഭാവമല്ല അത് ഭാവം തന്നെയാണ് അഭാവമല്ല കാരണം എന്താണ് അവിടെ അഭാവമാണെങ്കിൽ അതിൻ്റെ നിർവ്യൽപ്പം ഞാനുണ്ടാകുന്നു അഭാവത്തിൻ്റെ നിർവ്യൽപ്പം ഞാനും ഉണ്ടാകത്തില്ലെന്നുള്ള ഞാനും നിഷേധിച്ചു പിന്നെ തർക്കീന്ന് പറയാനുള്ള എന്താണ് സുഹൃത്തിയിൽ ജ്ഞാനമേ ഇല്ല ഒരു ജ്ഞാനവും സുഹൃത്തിയിൽ ഞാനാഭാവം ആണ് അപ്പൊ അദ്വൈതി പറഞ്ഞ് നിങ്ങൾക്ക് സുഹൃത്തിയിൽ ഞാനാഭാവത്തെയും സമൃദ്ധിക്കാനൊക്കെ ഇല്ല അനു ഹേതു എന്ന് പറഞ്ഞു അപ്പോഴാണ് അദ്വൈതി പറയുന്നത് എന്നാൽ ഞങ്ങൾക്കവിടെ ഭാവരൂപത്തിലുള്ള അജ്ഞാനം ഉണ്ട് എന്താ അത് ഞങ്ങൾക്കവിടെ അനുഭവം ഉണ്ടായി അതെങ്ങനെ നിങ്ങൾ തെളിയിക്കും ഞങ്ങൾക്ക് ജാഗ്രത്തിൽ അതിൻ്റെ സ്മൃതിയുണ്ട് അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാവരൂപത്തിലുള്ള അജ്ഞാനം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ അഭാവവും അവിടെ ഉണ്ടെന്ന് പറയാം നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ അഭാവം ഉണ്ടെന്ന് പറയാനും നിങ്ങൾക്ക് ഹേതുല്ല ഞങ്ങൾക്കാണെങ്കിലോ അവിടെ ഏ ഭാവരൂപാജ്ഞാനമുള്ളത് കൊണ്ട് ജ്ഞാനത്തിൻ്റെ അഭാവം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അനുമാനിക്കാൻ പറ്റും എന്നാണ് ഇപ്പോൾ അദ്വീതി പറയുന്നത് പക്ഷേ ജ്ഞാനത്തിൻ്റെ അഭാവം ഉണ്ടെന്ന് അദ്വൈതി അനുമാനിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം ഭാവരൂപാജ്ഞാനം ശ്രദ്ധിക്കണം ഭാവരൂപാജ്ഞാനം എങ്ങനെ സിദ്ധിക്കും അവിടെ അനുഭവം ഉണ്ടായെന്ന് പറയുന്നു അവിടെ അനുഭവം ഉണ്ടായെന്ന് എങ്ങനെ അറിയാൻ പറ്റും ജാഗ്രത സ്മരണ ഉണ്ടായെന്ന് പറയുന്നു ഈ പറയുന്ന ഒരു കാര്യവും അദ്വൈ തർക്കയിൽ സമ്മതിക്കുന്ന കാര്യമുണ്ട് അതിന് ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തെ എങ്ങനെ അദ്വൈതി സമർപ്പിക്കും ഈ വാദത്തിലൂടെ സമർപ്പിക്കാൻ പറ്റൂ അനുഭവത്തെ പ്രമാണമായിട്ട് ഭാവരൂപത്തിലുള്ള അജ്ഞാനം സമർപ്പിക്കാൻ കഴിയൂ ചർച്ച ചെയ്തു പക്ഷേ താർക്കികം പറയുന്നത് അത് അദ്വൈതി പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ അദ്വൈതിയെ സംബന്ധിച്ചായാലും ശരി തർക്കീയനെ സംബന്ധിച്ചാലും ശരി സുഷുപ്തി ഒന്ന് തന്നെ അതിവ്യത്യാസമൊന്നും സുപ്തി വ്യത്യാസമെന്നല്ലോ അദ്വൈതി പറയുന്നു അവിടെ ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നു തർക്കീം പറയുന്ന അവിടെ ജ്ഞാനമേ ഇല്ല ജ്ഞാനം എന്ന് സാധനമേ ഇല്ല പിന്നെ എന്താ താർക്ക്യം പറയുന്നത് അവിടെ ജ്ഞാനത്തിൻ്റെ അഭാവമുണ്ട് എന്താ പറയുന്നത് ജ്ഞാനം ഇല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ അഭാവം അപ്പോൾ നടക്കും അപ്പോൾ ഇവിടെ അദ്വൈതി ബലം പ്രയോഗിച്ചിട്ട് അവിടെ അജ്ഞാനമുണ്ടെന്ന് സമർത്ഥിച്ചു പറഞ്ഞു അത്ര അപ്പോ തീർന്നില്ല ഇവിടെ അവസ്ഥാഭേദ സംഭിന്ന ഭാവരൂപ അജ്ഞാനസംവാ സംവേദനാദേവ ഇവിടെ അത് തീർത്ത് പറയണം സുഷുത്യാവസ്ഥയുടെ ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തിൻ്റെ അനുഭവം ഉണ്ടായി സുഷുത്യവസ്ഥയാം തദ്വിരുദ്ധസ് ജ്ഞാന തത്സമഗ്ര അഭാവ അനുമാന അജ്ഞാനത്തിന് വിരുദ്ധമായ ജ്ഞാനവും ഇല്ല ജ്ഞാനത്തിൻ്റെ സാമ്യം ഇത് ഏതുപോലെ ഇതിനു വേണ്ടിയിട്ടാണ് നേരത്തെ തമസിനെ കുറിച്ച് ചർച്ച ചെയ്ത് തമസിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞു തമസുള്ളടത്ത് വെളിച്ചമില്ല എന്നുവെച്ചാൽ വെളിച്ചത്തിൻ്റെ അഭാവം ഉണ്ട് എന്തുകൊണ്ട് തമസ് വെളിച്ചത്തിന് വിരോധിയാണ് തമസ്സെന്ന് പറയുന്ന വെളിച്ചത്തിനെ നശിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തമസ്സുള്ളിടത്ത് എന്തു ആ തമസം എന്ന് പറയുന്നത് അഭാവമല്ല ഭാവരൂപത്തിലുള്ള ഒരു വസ്തുവാണ് അത് വെളിച്ചത്തെ നശിപ്പിക്കും അപ്പോൾ തമസുകളടുത്ത് വെളിച്ചത്തിൻ്റെ അഭാവമുണ്ട് ഭാവരൂപത്തിലുള്ള തമസം അതുപോലെ ഇവിടെ അദ്വൈതി ഇവിടെ വന്നിട്ടും പറയും സുഴുത്തിൽ ഭാവരൂപത്തിലുള്ള അജ്ഞാനമുണ്ട് ജ്ഞാനത്തിൻ്റെ അഭാവമുണ്ട് അതിനാണ് നേരത്തെ തമസിനെ ഇവിടെ ചർച്ച ചെയ്യുന്നത് ൃഭാവാമേവ ജ്ഞാനാഭാവ അനുമാന അവശ്യത്വ അദ്വൈതി നേരത്തെ പറഞ്ഞതുപോലെ ദ്വൈതിയോട് പറയണം സുഹൃത്തിയിൽ ജ്ഞാനാഭാവം ഉണ്ടെന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് അനുമാനിക്കണമെങ്കിൽ അവിടെ ഭാവരുജ്ഞാനത്തെ സ്വീകരിച്ചാലേ പറ്റൂ എന്തുകൊണ്ട് സാമഗ്രിയഭാവം പറയാൻ പറ്റില്ല അപ്പൊ പിന്നെ ഏതുമില്ലല്ലോ സുഹൃത്തിയിൽ ജ്ഞാനത്തിന്റെ അഭാവമുണ്ട് സാമഗ്രിയ ഭാവം പറയാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്കും എന്തു വേണ്ടിവരും ഭാവരൂപ അജ്ഞാനത്തെ സ്വീകരിക്കും അപ്പോ തർക്കം ചോദിക്കുന്ന ഇതാണ് ഭാവരൂപ അജ്ഞാനം എങ്ങനെ സിദ്ധിച്ചവിടെ ഇന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ ഇപ്പൊ ഒരു പ്ര ഒരു പ്രമാണത്തെ കാണിച്ചു എന്താണ് സുഹൃത്തിയിൽ നുഭവം എന്നാൽ അടുത്തു പറയാം എന്നുവെച്ചാൽ എം വിധം അജ്ഞാനം അധ്യാപ്യ അസിദ്ധം നേരത്തെ താർക്കയും പറഞ്ഞത് വീണ്ടും പറയും നിങ്ങളിൽ പറയുന്ന അവസ്ഥ സമ്പിന്ന അവസ്ഥാ ഭേദസമ്പിന്ന ഭാവൂപജ്ഞാനം അത് ഇതുവരെ നമ്മളെ ചർച്ചയിൽ തീരുമാനമായില്ലോ അല്ലേ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് തീരുമാനമായതുപോലെ നിങ്ങൾ പറയണം അവൾ ഭാവരൂപാജ്ഞാനം ഉണ്ടെന്നുള്ള അങ്ങനെ ഞങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റും ാര് പറയുന്നു അജ്ഞാനം അധ്യാപ്യ അസിദ്ധമിത് വാച്ച് പറയുന്നു തത് പ്രമാണസിദ്ധർശിത ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടൊരു മഹാവിദ്യ അനുമാനം ഉണ്ടാക്കിയന്തിനാ ഭാവരൂപ അജ്ഞാനം ഉണ്ടെന്ന് ഞങ്ങൾ സമർത്ഥിച്ചോ സുഷുപ്തിയിലല്ല ഭാവരൂപമായൊരു അജ്ഞാനം ഉണ്ടെന്ന് അനുമാനത്തിലൂടെ സമർത്ഥിച്ചു ഇപ്പം ഞങ്ങൾ കൂടുതലായി പറയുന്ന എന്താണ് ആ ഭാവരൂപ അജ്ഞാനം സുഷുത്തിയിലുണ്ടെന്ന് അപ്പൊ ഇല്ലാത്തത് ഒന്നിനല്ല ഞങ്ങൾ പറയുന്ന അത് ഇത് പറയുന്നു ദേവദത്ത പ്രമാത പ്രമാഭവാതിരേഖ്ന അനാഥേർ ധംസിനി മാത്വഗീത പ്രമാത ഇത്രയും ഞങ്ങളൊരു പാട്ട് പാടിയേക്കോ എന്തായി ഭാവരൂപമായ അജ്ഞാനം ശ്രദ്ധിച്ചു ഇപ്പം ഞങ്ങൾ ഇത്രേ പറയുന്നുള്ളൂ എന്താണ് സുഷുപ്തിയിലും അതുണ്ടെന്ന് അപ്പൊ ഇല്ലാത്ത ഒന്നിനെയല്ലേ ഞങ്ങൾ പറയുന്നത് അല്ലേ ഇല്ലാത്ത ഒന്നിനെയാണോ പറയുന്നത് സുഷുത്തിയിൽ ഉണ്ടെന്ന് പിന്നെ സുഹൃത്തിയിൽ ഞങ്ങൾ എങ്ങനെ പറഞ്ഞു ഉണ്ടെന്ന് അനുഭവം പ്രമാണം കൊണ്ട് പറഞ്ഞു അനുഭവമാണ് ആ ഒരു വാജ്ഞാനം ഉണ്ടെന്ന് ഇനി എന്താ നിങ്ങൾക്ക് തർക്കിക്കാനുള്ളത് അനുമാനത്തിലൂടെ ഭാവരൂപാജ്ഞാനമുണ്ടെന്ന് ശ്രദ്ധിച്ചു അനുഭവത്തിലൂടെ സുഴുത്തിയിലുണ്ട് ശ്രദ്ധിച്ചു സുഴുത്തിൽ ഭാവ്ഞാനം ഭാവരൂപത്തിലുണ്ട് നിന്ന് അഭാവമാണോ വേണ്ടത് അതൊന്നും കൂടെ ഉണ്ട് സ്വീകരിച്ചോ വിരോധമൊന്നുമില്ല ശരിയായോ എന്താർക്കും ഒരു സന്തോഷമില്ലാത്ത ഏ എങ്ങനെ ഹനുമാനത്തിന് പ്രശ്നം ഉണ്ടെന്ന് താറുക്കിയൻ പറഞ്ഞില്ലല്ലോ പറഞ്ഞോ അതിൻ്റെ താർക്ക്യം നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അംഗീകരിച്ചില്ലെന്ന് താർക്കിന് അതാണ് പറയുന്നത് അതിൻ്റെ പറയുന്ന ഏമം വിധം അജ്ഞാനം അധ്യാഭ്യാസം ഇത്രയും ചർച്ച നടത്തിയിട്ടും അങ്ങനെ നിങ്ങൾ പറയുന്നത് പോലെ ഒരു അജ്ഞാനം ശ്രദ്ധിച്ചില്ല എന്നാണ് താർക്ക്യം പറയുന്നത് ഇവിടെ ഞങ്ങൾ അനുമാനത്തിലൂടെ അനുമാനത്തിലൂടെ ശ്രദ്ധിച്ച ഒരു കാര്യം ഇന്ന് അനുമാനത്തിലൂടെ പർവ്വതത്തിൽ വന്യുണ്ടെന്ന് സിദ്ധിച്ചു എന്നിട്ട് പറയുന്നു ഇതാ വന്യ അടുക്കളയിലും ഉണ്ട് എന്ന് പറയുന്ന പോലെയുള്ളു അനുമാനത്തിലൂടെ പർവ്വതത്തിൽ സിദ്ധിച്ച വന്യി പ്രത്യക്ഷമാണ് പക്ഷെ അടുക്കളയിലെ വന്യി പ്രത്യക്ഷമാണ് അവർ തർക്കം പറയുന്നു അനുമാനത്തിലൂടെ ഞങ്ങൾ ഭാവരൂപ അജ്ഞാനത്തെ സിദ്ധിച്ചു ചുഴുത്തിയില്ല പ്രത്യക്ഷമാണ് പറഞ്ഞു ധനം ഇനി എന്താ സന്തോഷത്തിന് കുറവ് ഏ എങ്ങനെ സുഷുപ്തിയിലോ സുഷുപ്തിയില് അജ്ഞാനം നേരത്തെ പറഞ്ഞു സാക്ഷിഭാസ് സുഷ്തിയിലെ ഭാവരൂപാജ്ഞാനം സാക്ഷിഭാസ്യാണ് സാക്ഷിയുടെ അനുഭവമാണ് എന്നത് ഇത് പറഞ്ഞല്ലോ ജാഗ്രത്തില് ആത്മാവേ ഉള്ളൂ ദ്രവ്യമാണ് തർക്കത്തിൽ തർക്കത്തിലല്ലേ നമ്മൾ പിന്നെ സാക്ഷി അങ്ങനെയുള്ള ഇടപാടൊന്നും അദ്വൈതെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് ജ്ഞാനരൂപമാണ് അതിന് സാക്ഷിയാവാ ജാഗ്രത്തിലുമുണ്ട് അജ്ഞാനം എവിടെയുണ്ടോ അവിടെയൊക്കെ ഉണ്ട് ഞാനാഭാവമുണ്ട് അജ്ഞാനമുണ്ട് ജാഗ്രതത്തിൽ ഇപ്പോൾ ഉണ്ടല്ലോ ശുക്തിരചതാദികൾ ജാഗ്രത്തിലും സാക്ഷിവാസ്യമാണ് അതുപോലെ ഞാനും സാക്ഷിവാസ്യമായി ശുക്തിരഹിത സാക്ഷിവാസ്യമാണ് നമ്മളവിടെ അനുഭവിക്കുന്നത് കാരണം രജ്ജുവില് സർപ്പത്തെ കാണുന്നല്ലേ ഇന്ദ്രിയാർത്ഥ അന്വേഷണം ഉണ്ടാവും അവിടെ അപ്പം അതെങ്ങനെ കണ്ട് അനുഭവമാണ് ഇതുകൊള്ളാ ഇതുവരെ പറഞ്ഞോണ്ടെന്ന് എന്താണ് പരാമർശം കൊണ്ട് ജാഗ്രതയിലെ പരാമർശം കൊണ്ട് അവിടെ അജ്ഞാനം ഉണ്ടെന്ന് ശ്രദ്ധിച്ചില്ലേ ഉം എങ്ങനെ താർക്കി അംഗീകരിക്കത്തില്ല ഞങ്ങളുടെ സിദ്ധാന്തം ഞങ്ങളുടെ ആചാര്യന്മാർ പറഞ്ഞു വിവരണകാരൻ പറഞ്ഞു സർവം വസ്തു ഞാത അജ്ഞാതയ വ സാക്ഷിണ്യസ്ഥ നിങ്ങളിപ്പോ ആരെ പക്ഷം അതാണ് എനിക്കറിയേണ്ടത് താർക്കിയുടെ പക്ഷമാണോ ഏ അങ്ങനെ ഇരുട്ട് പോലെ ഭാവരൂപത്തിലുള്ള ഇരട്ടിനെയും എന്താണ് വെളിച്ചത്തിൻ്റെ അഭാവത്തെ സ്വീകരിക്കുന്നത് അതുപോലെ ഇവിടെ എന്ത് ചെയ്തു ജ്ഞാനത്തിൻ്റെ അഭാവത്തെ സ്വീകരിച്ചു ഭാവത്തുള്ള അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സാറിനെ ആൾക്കാർ ഈ വേദാന്തികൾ മതപ്രഭാഷണം നടത്തുന്നവരൊക്കെ ഇങ്ങനൊരു ചോദ്യം നിസ്സാരമായി ചോദിക്കും എന്താണ് സുഹൃത്തിൽ അജ്ഞാനമുണ്ടോ ഇല്ലയോ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇത്രയും കാര്യങ്ങളുണ്ട് എന്നറിഞ്ഞിട്ട് വേണം അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കാൻ ഇത്രയും ചർച്ചകൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ആൾക്കാരെ ചോദിക്കുന്നത് എന്താണ് സുഹൃത്തിൽ അജ്ഞാനമുണ്ടോ ഇല്ലയോ അതൊരു വളരെ അത് മനസ്സിലാക്കാനാണ് നമ്മളൊരു ചർച്ച അത് ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും അതെവിടെ നിൽക്കുന്നു ഇതാരുടെയൊക്കെ പക്ഷമാണ് ഉണ്ടെന്ന് പറയുന്ന ആരാണ് ഇല്ലെന്ന് പറയുന്ന എന്താണ് ഉണ്ടെന്ന് പറയുന്ന എന്ത് അജ്ഞാനത്തെയാണ് ഇല്ലെന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം അപ്പോ ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് സുഹൃത്തിൽ അജ്ഞാനം ഉണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും ഇതൊക്കെ മനസ്സിലാകാമെന്നുള്ള ഒരാളിനടുത്തേക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റൂ മതപ്രഭാഷണത്തിൽ പറയാൻ പറ്റിയ കാര്യമുണ്ട് മതപ്രഭാഷകനോട് ഇട്ട് പറയാനും പറ്റത്തില്ല പറഞ്ഞിട്ട് മനസ്സിലാകത്തുമില്ല അപ്പം ഇതൊരു ഇത്തരത്തിലാണ് ഇതിന്റെ ചർച്ച ഈ ചർച്ചയെ ഉൾക്കൊള്ളാതെയാണ് ആൾക്കാർ ചോദിക്കുന്നത് സുഹൃത്തിയില്ല അജ്ഞാനുണ്ടോ ഇല്ലയോ അപ്പം അത് മറുപടി പറയാൻ പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ അജ്ഞാനം എന്താണെന്ന് വിശദീകരിക്കണം അതിൽ ആരാണ് ചോദ്യം ഉന്നയിക്കുന്നത് അവരെന്ത് പറയുന്നു അജ്ഞാനത്തെ സംബന്ധിച്ച് അദ്വൈതി എന്ത് പറയുന്നു അനുഭവം എന്താണ് പരാമർശം എന്താണ് അനുമാനം എന്താണ് എന്നിട്ട് രണ്ടുപേരും എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് പറയേണ്ടത് ഈ തോമസിനെക്കുറിച്ച് പറഞ്ഞപ്പം ആ ചർച്ചയിൽ മൊത്തം ആ ചർച്ചയെ ഗ്രസിച്ചിരിക്കുന്ന ഒരു ഇന്നത്തെ കാഴ്ചപ്പാടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതിനെ കുറിച്ച് പറഞ്ഞെന്താണ് ഏ അങ്ങനെയാണ് ഏതെന്നെ ആ അപ്പം അവിടുത്തെ ചർച്ചയെന്ന് പറയുന്നത് ഇരുട്ടുണ്ടോ ഇല്ല എന്നുള്ളതല്ല ഭാവമാണോ അഭാവമാണോ എന്നുള്ളതല്ല പ്രകാശം പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ് കാണുകയും കാണാതിരിക്കുകയും ചെയ്യുന്നത് അപ്പം ഇരുട്ടെന്ന് പറഞ്ഞാൽ പ്രകാശം കണ്ണ് കാണാൻ പറ്റുന്നില്ല എന്നേയുള്ളൂ കണ്ണിന് കാണാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് പ്രകാശം ഇല്ലാത്തതുകൊണ്ട് ശരിക്കും കാണുന്ന എന്താണ് പ്രകാശത്തെയാണ് കാണുന്നത് പ്രകാശത്തിൻ്റെ പ്രതിഫലനമാണ് അതേ അബദ്ധം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതേ അബദ്ധം തന്നെ അപ്പം അവിടെ പറഞ്ഞ അതേ തകരാറാണ് ഇവിടെ ഈ സംഭവിച്ചത് അപ്പം അവിടെ താർക്കിയും പറയുന്നിടത്തുകൊണ്ട് പോരായ്മ അദ്വൈതി പറയുന്നിടത്തുകൊണ്ട് തർക്കീയനും അദ്വൈതീതം മനസ്സിലാക്കുന്നില്ല എന്താണ് കണ്ണും പ്രകാശവും പ്രകാശത്തെയാണ് കാണുന്നത് എന്നുള്ള അത് മനസ്സിലാക്കുന്നില്ല അദ്ദേഹത്തെ അവരാർ ഇവിടെയുണ്ട് എന്താണ് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കി എന്താ പ്രശ്നമൊന്നും